യഥ സിദ്ധ സോക്കീശ്വരീ സ്മരിച്ചുകൊണ്ട് ചർച്ച തുടങ്ങിയാണ് ഈശാവാസി വൻഷ രണ്ട് മന്ത്രങ്ങൾ ചർച്ച ചെയ്തു മൂന്നാമത്തെ അവിദ്വത് നിന്ദർത്തോ അയം മന്ത്ര ആരഭ്യത അതിനുവേണ്ടിട്ടാണ് ഈ മന്ത്രം ആരംഭിക്കുന്നത് മൂന്നാമത്തെ മന്ത്രം असुजिया असुया नामे लोका अंधेन तमसावृतागछति एके चाहलो जान असुजिया नाम ते लोका अंधेन तमसा चेर तमसा तान ते वृता चेरतावृता संधि प्रेत अभी आत्मन जनांदवाईक्य असूव्याम ते लोका अंधेन तमसावृता प्रे അസുചിയത്മഭാവം അദ്വയം അപേക്ഷ്യസുരാഭൂത ലോക അസുരീ നമ നാമശബ്ദവും അനർത്ഥകോ നിപാത അസുര്യാ എന്നുള്ള ശബ്ദം വ്യാഖ്യാനിക്കുകയാണ് പരമാത്മഭാവം അദ്വയം അപേക്ഷ ദേവാദയോക്യസുരാ അസുരന്മാരും ദേവന്മാരും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിൽ ദേവന്മാര് ശ്രേഷ്ഠന്മാരാണ് പക്ഷെ ശ്രേഷ്ഠന്മാരാണെങ്കിലും അദ്വയ പരമാത്മഭാവത്തെ അപേക്ഷിച്ച് ദേവന്മാരും അസുരന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതും എന്നാ ആത്മബോധമില്ലാത്തതാണ് ആത്മബോധമില്ലാതെ എന്തുകൊണ്ട് അവരും കർമ്മഫലമായി ജനിക്കുന്നവരാണ് സംസാരത്തിൽ ിച്ചിരിക്കന്മങ്ങളും പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നു അതുകൊണ്ട് ദേവന്മാരും സംസാര ചക്രത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതുകൊണ്ട് അവരും പരമാത്മഭാവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അസുരന്മാരാണെന്നാണ് പരമാത്മഭാവം അതിനു വിശദീകരിക്കുന്ന അദ്വയം അദ്വയമായ പരമാത്മഭാവത്തെ അപേക്ഷി അപേക്ഷിച്ച് നോക്കുമ്പോൾ ദേവാദേവയ്ക്ക് അസുരാഹ ദേവന്മാരെയും നമുക്ക് അസുരന്മാരുടെ കണക്കിൽ തന്നെ പെടുത്താം തേഷാംച്ച അസ്വഭൂതാഹ ലോകാഹ അവരുടെ സ്വഭൂതമായിരിക്കുന്നു അവരുടെ സ്വരൂപം തന്നെയായിരിക്കുന്ന ലോകങ്ങൾ നടത്തും അവരുടെ സ്വരൂപം തന്നെയായിരിക്കുന്ന ലോകങ്ങൾ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പറയും ജന്മം എന്നുവെച്ചാൽ അവരുടെ ജന്മങ്ങൾ എന്ന് പറയും ദേവജന്മം അതിനാണ് ഇവിടെ അസുചിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവജന്മങ്ങൾ വരെ അസുചിയ അസുചിയങ്ങളാണ് നാമശബ്ദവും അനർഥകോ നിപാത ഭാഷാ വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ശബ്ദങ്ങൾ നിപാതങ്ങൾ എന്ന് പറയും ച ഹ വാ തുടങ്ങി ശബ്ദങ്ങളൊക്കെ സാധാരണ ശ്ലോകങ്ങളും മറ്റുപയോഗിക്കുന്ന ഈ ശബ്ദങ്ങളാണ് നിപാതങ്ങളാണ് അപ്പോ ഈ നിപാതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന നാമശബ്ദം അതിനിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല സാധാരണ പേരെന്നുള്ള അർത്ഥത്തിലല്ല അത് പാദപൂർണ്ണത്തിന് വേണ്ടി അവിടെ ചേർത്തിരിക്കുന്നതാണ് അസുര്യ എന്ന് പറഞ്ഞാൽ ദേവജന്മങ്ങൾ ഉൾപ്പെടെയുള്ള ജന്മങ്ങൾ എല്ലാ ജന്മങ്ങളും തേ ലോകാഹ അതിനെ വ്യാഖ്യാനിക്കുന്നു അസുര്യ തേ ലോകാഹ തേ ലോകാഹ ലോകശബ്ദത്തിന്റെ അർത്ഥം പറയുന്നു കർമ്മഫലാനി ലോകമെന്ന് വെച്ചാൽ കർമ്മഫലങ്ങൾ എങ്ങനെ അർത്ഥം കിട്ടുന്നു അതിന്റെ വിത്പത്തിയാണ് അടുത്ത് പറയുന്നത് ലോക്യന്തി ദൃശ്യന്തി ഭുജ്യന്തി ജന്മാനി ോക എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വിത്പത്തി അതിന്റെ അർത്ഥം പറയുന്നത് ലോക്യന്തേ ലോക ദർശന എന്ന് പറയുന്ന ഒരു ധാതുണ്ട് അതിന്റെ രൂപമാണ് അതാണ് അതിനെ ലോക്യന്തേ എന്ന് പറഞ്ഞിരുന്നത് ദർശനാർത്ഥമാണ് അപ്പർത്ഥത്തെ ആദ്യം പറഞ്ഞത് ദൃശ്യന്തേ ദൃശ്യന്തി പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം ഭുജ്യന്തെ അനുഭവിക്കപ്പെടുന്നത് ഇത് ജന്മാനി ഇപ്പൊ ലോകശബ്ദത്തിന് ജന്മം എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് കിട്ടി ലോക ശബ്ദത്തിന്റെ ഇവിടുത്തെ അർത്ഥം അനുഭവിക്കപ്പെടുന്നതെന്നാണ് ഓരോ ജീവന്മാരും അനുഭവിക്കുന്നതിന് ഓരോരോ ജന്മങ്ങള് ലോക ശബ്ദത്തിന്റെ അർത്ഥം ജന്മങ്ങളെന്നായി സാധാരണ പല ഭാഗത്തും ഈ അർത്ഥം വരുന്നതാണ് ലോകം എന്ന് പറഞ്ഞാൽ കർമ്മഫലം മുഖ്യമായ കർമ്മഫലം എന്ന് പറയുന്നത് ജന്മം ജന്മം കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്തുകൊണ്ട് അതാണ് ഓരോ ജീവന്മാരും അനുഭവിക്കുന്നത് ഇപ്പോൾ ലോകശബ്ദത്തിന് ലോകശബ്ദത്തിൻ്റെ മുഖ്യമായ അർത്ഥം ജന്മം അല്ലെങ്കിൽ കർമ്മഫലം എന്നുള്ള അർത്ഥം തന്നെയാണ് എല്ലായിടത്തും ഇപ്പം സ്വർഗ്ഗലോകം നരകലോകം എന്നൊക്കെ പറയുന്നതോടുകൂടി അവിടെ അർത്ഥം ചെയ്ത് തന്നെയാണ് കാരണം സ്വർഗലോകം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗഫലങ്ങളെ അനുഭവിക്കുന്ന ആ ജന്മം എന്നാണ് നരകമെന്ന് പറഞ്ഞാലും അതുതന്നെ ഒരു ജീവൻ നരകഫലത്തെ അനുഭവിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ജന്മങ്ങൾ ഇപ്പൊ ലോകശബ്ദത്തിന്റെ മുഖ്യമായിട്ടുള്ള അർത്ഥം ജന്മം തന്നെയാണ് എല്ലായിടത്തും ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അസുജ്യ നാമ തേലോക അപ്പോ അസുരജന്മങ്ങൾ എന്നർത്ഥം വരും അസുരജന്മങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ദേവാതയോ അഭി ദേവന്മാരും ഇവിടെ നമ്മൾ അസുരന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കണം അപ്പൊ അസുരന്മാരും ദേവന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ ജന്മങ്ങളും അസുരന്മാരും ദേവന്മാരുമെല്ലാം എല്ലാ ജന്മങ്ങളും ഈ കർമ്മ സംസാര ചക്രത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന എല്ലാ ജന്മങ്ങളും ഇവരിൽ ആർക്കെങ്കിലും ആത്മബോധം കൊണ്ട് മുക്തരായിട്ടുണ്ടെങ്കിൽ അവരെയും കൂടണം അതൊഴികെയുള്ള ജന്മങ്ങൾ എന്നെടുത്താവണം ഇപ്പോൾ എല്ലാ ദേവന്മാരും അജ്ഞന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാരിൽ ആർക്കെങ്കിലും ഈശ്വരബോധം കൊണ്ട് അവർ മുക്തരായെങ്കിൽ അതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ജന്മങ്ങളും കർമ്മഫലം കൊണ്ട് ജനിക്കുന്ന എല്ലാ ജന്മങ്ങളും നമ്മളിവിടെ ദേവാദയോ അപി എന്നെയാണ് ദേവന്മാരും അസുരന്മാരും ദേവന്മാരും എല്ലാവരും ഇവിടെ എന്താണ് ആ ജന്മങ്ങളെല്ലാം അന്ധേന തമസാവൃതാഹ അത് വ്യാഖ്യാനിക്കുന്നു അന്ധേന അദർശനാത്മകേന അജ്ഞാനേന തമസ ആവൃതാഹ ആഛാദിതാഹ അങ്ങനെയുള്ള ജന്മങ്ങളല്ല അപ്പോ അസുര്യാ നാമത്തെ ലോക എന്ന് പറയുമ്പോൾ കിട്ടുന്ന എന്താണ് ദേവാദി ജന്മങ്ങളെല്ലാം ദേവന്മാരും അസുരന്മാരും തുടങ്ങിയ ജന്മങ്ങളെല്ലാം അന്ധേന അത് മന്ത്രത്തിലുള്ള പദമാണ് അതിന് വ്യാഖ്യാനിക്കുന്ന അടുത്ത് അദർശനാത്മകേന അദർശന രൂപത്തിലുള്ള അന്ധത എന്ന് വെച്ചാൽ അദർശനം അദർശനം എന്ന് വെച്ചാൽ എന്താണ് അത് വ്യാഖ്യാനിക്കുന്നു അജ്ഞാനേന അതിന്റെ വ്യാഖ്യാനമാണ് അത് ഭാഷയത്തിന്റെ ഒരു രീതിയാണ് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വ്യാഖ്യാനിക്കും പിന്നെ അതിനെ മറ്റൊരു പദം കൊണ്ട് വ്യാഖ്യാനിക്കും അങ്ങനെ അജ്ഞാനേന തമസ അപ്പൊ ഇവിടെ തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന തമസ് അജ്ഞാനം തന്നെ ഇവിടുത്തെ തമസ് അറിവില്ലായ്മ അപ്പൊ ഈ ജന്മങ്ങളെല്ലാം ദേവാദികളും അസുരന്മാരെല്ലാം എന്താണ് അജ്ഞാനമാകുന്ന തമസാൽ ആവർത്താഹ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അതൊന്നുകൂടി വിശദീകരിക്കുന്നു ആച്ഛാദിതാഹ് അജ്ഞാനമാകുന്ന തമസ്സിനാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോ ഇവിടെ ഈശാവാസിതം സെർവെന്ന് പറയുന്ന അവിടെ പറഞ്ഞു ആച്ഛാദനീയം പരമാത്മ ഭാവനയ ആച്ഛാദനീയം എന്ന് പറഞ്ഞു പരമാത്മ ഭാവന കൊണ്ട് ആച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞു എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഇവിടെ അജ്ഞാനം കൊണ്ട് ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈശാ വാസ്യം ഇവിടെ ആച്ഛാദനീയം എന്ന് പറഞ്ഞു ഈശ്വരബോധം കൊണ്ട് ആച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞു എന്തുകൊണ്ടെങ്ങനെ ആച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞു ബസ് ആച്ഛാദനിയെന്ന് പറയുന്ന ധാത്തോർത്ഥത്തെ എന്തുകൊണ്ടാണ് എടുത്തത് ഇവിടെ അടുത്ത് പറയുന്നത് തമസ ആവർത്താഹ എല്ലാ ജന്മങ്ങളും ദേവന്മാരും അസുരന്മാരും ഇതാണ് അജ്ഞാനം കൊണ്ട് ആച്ഛാദനം ചെയ്തിരിക്കയാണ് അവരാത്മാവിനെ മൂടിയിരിക്കുകയാണ് അതിന് എന്തു ചെയ്യണം ഈശ്വര ഭാവന കൊണ്ട് ആച്ഛാദനം ചെയ്യണമെന്നാണ് ആ മൂടലിനെ മാറ്റണം അതിവിടെ വരുന്നുകൊണ്ടാണ് നേരത്തെ അവിടെ അങ്ങനെ വാസ്യം ആച്ഛാദനിയെന്ന് ഇവിടെ പറയുന്നു തമസ അവിടത്തെ ഇതിന് നേരെ വിപരീതമായ കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അന്ധേന തമസ ആവൃതാഹ അന്ധമാകുന്ന അജ്ഞാനമാകുന്ന അന്ധതയാകുന്ന തമസ്സുകൊണ്ട് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്നിവിടെ പറയുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എന്താണ് ഈശ്വരഭാവന കൊണ്ട് അതിനെ മൂടണം അപ്പോൾ ആ അന്ധതയാകുന്ന തമസ്സിന് പകരം ഈശ്വരഭാവനയാകുന്ന വെളിച്ചം അവിടെ വരണം എന്നാണ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവന്മാരും അജ്ഞാനം കൊണ്ട് സ്വയം മൂടിയിരിക്കുകയാണ് ആച്ഛാദിത അസുര്യ നാമത്തെ ലോകാഹ അന്ധ്യേന തമസാവൃത്താഹ ഇവിടെ തുടങ്ങുമ്പോൾ പറഞ്ഞു ഈ മന്ത്രത്തിൻ്റെ അമുഖമായി പറഞ്ഞു അവിദ്വം നിന്ദാർത്ഥം ഇവിടെ പറയുന്ന അജ്ഞാനികളുടെ കാര്യമാണ് അവരുടെ അവസ്ഥയെ നിന്ദിക്കാൻ വേണ്ടി പറയുകയാണ് അജ്ഞന്മാർ ഈ ജന്മത്തിൽപ്പെട്ട ദേവന്മാരുകൂടി അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അടുത്തു പറയുന്നു താൻ താവരം प्रेत्या प्रेत त्यक्वामं देह कर्म यहाँ यहां അഭിഗച്ചന്തിന് വ്യാഖ്യാനിക്കുകയാണ് സ്ഥാപനങ്ങൾ വരെ സ്ഥാപരം ജംഗം എന്ന് രണ്ടായിട്ട് തിരിക്കും പ്രപഞ്ചത്തെ അതിൽ തന്നെയുള്ള ജീവന്മാർ സ്ഥാപനങ്ങൾ ും മറ്റ് സ്ഥാപനങ്ങളാണ് പ്രാണികളെല്ലാം ജംഗമങ്ങളാണ് സ്ഥാപനങ്ങൾ സ്ഥിരമായി നിൽക്കുന്നവർ ജംഗമങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നവയെ അപേക്ഷിച്ച് താഴ്ന്ന പടിയിലുള്ളതാണ് സ്ഥാപനങ്ങൾ അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു താൻ സ്ഥാവരാന്താ ആ സ്ഥാപനങ്ങൾ വരെയുള്ള ജന്മങ്ങളെ എന്ത് ചെയ്യുന്നു പ്രേത്യ അതിന്റെ അർത്ഥം പറയുന്നു തെക്ത്വ പ്രേത്യ എന്ന് പറഞ്ഞാൽ സാധാരണത്ഥം മരിച്ചിട്ട് എന്നാണ് ഇവിടെ എന്ത് പറയുന്ന അർത്ഥം തന്നെ പറയുന്നു തെക്ത്വ എന്ത് ഇമം ദേഹം ഈ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് എന്ന് വെച്ചാൽ മരിച്ചിട്ട് എന്നർത്ഥം ഈ പറയുന്ന ദേവന്മാരുൾപ്പെടെയുള്ള എല്ലാ ജീവന്മാരും മരിച്ചിട്ട് എന്നർത്ഥം അഭികച്ചന്തി ൾ വരെയുള്ള ജന്മങ്ങളെ പ്രാപിക്കുന്നു ദേവന്മാരും അസുരന്മാരും എല്ലാ ജീവന്മാരും മരണശേഷം വീണ്ടും സ്ഥാപനങ്ങൾ വരെയുള്ള ജന്മങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് അതിനെന്താണ് കാരണം പറയുന്നു യഥാകർമ്മ യഥാശ്രുതം പറയുന്നു യഥാകർമ്മ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് യഥാശ്രിതം അവരുടെ ഉപാസനകൾ അനുസരിച്ച് കർമ്മങ്ങളും ഉപാസനകളും അനുസരിച്ച് എങ്ങനെയാണോ അവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണോ അവരുടെ ഉപാസന അതിനനുസരിച്ച് ഇവരെല്ലാം ഈ ഓരോ അസുരന്മാരും ദേവന്മാരുൾപ്പെടെയുള്ള എല്ലാ ജന്മങ്ങളിലും പെട്ടിരിക്കുന്നവർ മരണശേഷം പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു അത് ഏത് ശരീരങ്ങളാകാം സ്ഥാപനങ്ങൾ വരെയുള്ള വൃക്ഷ ലതാദികൾ വരെയുള്ള ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്നാണ് യഥാകർമ്മ കർമ്മത്തിനനുസരിച്ച് യഥാശ്രിതം ഉപാസനയ്ക്കനുസരിച്ച് അവരുടെ ഉപാസനകൾ അനുസരിച്ച് യഥാകർമ്മ യഥാശ്രിതം എന്ന് പറയുന്നു അങ്ങനെ പോകുന്നവരെ ഇവിടെ ഒന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുകയാണ് താൻ തേ പ്രേത്യ അഭികച്ചന്തി താനെന്ന് പറഞ്ഞാൽ ആ ജന്മങ്ങളെ ഈ പറയുന്ന അജ്ഞാനികൾ പ്രയത്യ മരിച്ചിട്ട് അഭികച്ചന്തി പ്രാപിക്കുന്നു ആത്മഹനോ ജനാഹ അതിനെ വ്യാഖ്യാനിക്കുന്ന ആത്മഹന അതിന്റെ വിത്പത്തിയാണ് എടുത്ത് പറയുന്നത് ആത്മാനം ഖനന്തി ആത്മഹന ഹനുധാതുവിന്റെ രൂപമാണ് ഖ്നന്തി ഹന്തി ഹദ ഖിനന്തി എന്ന് പറയുക ഹനിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക നശിപ്പിക്കുക ആത്മാനം ഘനന്തി ആത്മാവിനെ ഹനിക്കുന്നവർ ആത്മഹനാഹ ബഹുവജന രൂപമാണ് ആത്മഹനത്തിൽ പറയുന്നു തന്നെ നശിപ്പിക്കുന്നവർ ആത്മാവിനെ നശിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ നശിപ്പിക്കുന്നവർ തന്നെ സ്വയം നശിപ്പിക്കുന്നവർ സാധാരണ ഭാഷ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹത്യ എന്ന് പറയുന്ന ആത്മഹന ആത്മഹ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവനെയാണ് അപ്പൊ ഇവർ ആത്മഹത്യ ചെയ്യുന്നവരാണ് കീയത്തെ ആരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഇവിടെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ വാശ്യാർത്ഥത്തെ സ്വയം മരിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല കേനാഹ ഈ അവിദ്വാംസാനികൾ അജ്ഞാനികളെയാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് കഥം തേ ആത്മാനം നിത്യം ഹിംസന്തി കഥം എങ്ങനെയാണ് തേ അവർ ആത്മാനം ആത്മാവിനെ നിത്യം എന്നും ഹിംസന്തി കൊല്ലുന്നത് എന്നാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തേന തെക്തേന ഭുജീതാ ത്യാഗത്തിലൂടെ ഭുജീത എന്നുള്ളത് അവിടെ അർത്ഥം പറഞ്ഞു എന്താണ് ആത്മാനം പാലയീധ ഭാഷ്യത്തിൽ ആത്മാവിനെ പാലിക്കുക രക്ഷിക്കൂ എന്ന് പറഞ്ഞു അപ്പം അവിടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം വരും ആത്മാവ് എന്താണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ രക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു വസ്തുവാണ് ആത്മാവ് അത് നിത്യമാണ് പൂർണ്ണമാണ് ആനന്ദസുരൂഹതിനെങ്ങനെ രക്ഷിക്കാൻ പറ്റും അപ്പൊ അവിദ്വാൻമാർ ആത്മാവിനെ നശിപ്പിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ആത്മ ഹനാഹ ആത്മാവിനെ അവർ നശിപ്പിക്കുന്നു അജ്ഞാനികൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ രക്ഷിക്കാൻ പറഞ്ഞത് നമ്മുടെ രക്ഷയ്ക്ക് അധീനമായ ഒരു വസ്തു എന്നുള്ളതിനൊക്കെയല്ല അജ്ഞാനം കൊണ്ട് ആത്മാവിനെ ഓരോ ജീവന്മാരും സ്വയം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നിവിടെ പറയുന്നു ആത്മാവിനെ അങ്ങനെ നശിപ്പിക്കാമെങ്കിൽ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയും അതാണ് നേരത്തെ ഇവിടെ അങ്ങനെ വ്യാഖ്യാനിച്ച് രക്ഷിക്കണം എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ആത്മാവിനെ നശിപ്പിക്കുന്നു ഒരാൾ ആത്മാവിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നശിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാനും കഴിയുമെന്നാണ് ഇവിടെ നശിപ്പിക്കുന്നു മാത്രമല്ല കൊല്ലുന്നു എന്നാണ് നിത്യം ഹിംസന്തി ഹിംസിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്നാണ് അതെ നിത്യം സദാ സദാ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അജ്ഞാനം കൊണ്ട് അപ്പൊ ആത്മാവിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന സംശയമുണ്ടാവും നിത്യമായിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ നശിപ്പിക്കും ഹിംസിക്കും അവനെ ഇവിടെ വിശദീകരിച്ച് തന്നെ പറയണം അടുത്ത് അവിദ്യദോഷേന വിദ്യമാനസാത്മന തിരസ്കരണ വിദ്യമാനസ് ആത്മന യത് കാര്യം ഫലം അജര അമ്പരത്വാദി സംവേദന ലക്ഷണം തത് ഹതസ് ഇവ തിരോഭൂതം ഭോധീതി പ്രാകൃത അവിദ്വാൻസോ ജനാഹ ആത്മഹന ച്ചു ഇവിടെ ഈ അജ്ഞാനികളെ ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹന എന്നെന്തുകൊണ്ട് പറഞ്ഞു അത് വിശദീകരിക്കുകയാണ് ഇവിടെ അവിദ്യദോഷേണ അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് ഇവിടെ അവിദ്യ അജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ സമാന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവിദ്യയാകുന്ന അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് വിദ്യമാനസ ആത്മനഹ തിരസ്കരണം ആത്മാവ് വിദ്യമാനമാണ് സ്വയം പ്രകാശിച്ച് നിലനിൽക്കുന്നതാണ് വിദ്യമാനമായിരിക്കുക എന്ന് വെച്ചാൽ സ്വയം പ്രകാശിച്ച് നിലനിൽക്കുന്നതാണ് അങ്ങനെയുള്ള ആത്മാവിനെ തിരസ്കരിക്കുന്നു അതുകൊണ്ടെന്ന് വരുന്നു വിദ്യമാനസ്യ ആത്മനഹ യാര്യം ഫലം അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന ആത്മകാര്യം എന്നുവെച്ചാൽ അതിന്റെ ഫലം എന്താണ് അജര അമരത്വാദി സംവേദന ലക്ഷണം ആ ആത്മാവിൽ സംഭവിക്കേണ്ടത് എന്താണ് ആത്മാവ് അജരമാണ് അതമരമാണ് എന്നൊക്കെയുള്ള ബോധം സംവേദനം ബോധം സംവേദന സംവേദന അതാണ് ഇവിടെ ആത്മാവിന്റെ കാര്യമായി സംഭവിക്കേണ്ടത് ഇവിടെ ആത്മാവിന്റെ കാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മങ്ങളാണ് ദേവ ജന്മം ജന്മങ്ങൾ അതെല്ലാം മറിച്ച് തന്നെ സംഭവിക്കേണ്ടത് എന്താണ് ഈ സ്വയം പ്രകാശിക്കുന്ന ആത്മകാര്യങ്ങളായി ഇവിടെ സംഭവിച്ച സംഭവിക്കേണ്ട എന്താണ് ആത്മബോധമാണ് എങ്ങനെയുള്ള ആത്മബോധം താൻ അജരനാണ് അമരനാണെന്നുള്ള ബോധമാണ് വരേണ്ടത് ആ ബോധം എന്ത് സംഭവിച്ചിരിക്കുന്നു തദ് ഹതസ് ഇവ തിരോഭൂതം ഭൗതി ദേവന്മാർക്കും അസുരന്മാർക്കും എല്ലാം എന്താണത് ഹതസ് ഇവ കൊല്ലപ്പെട്ടവന്റേതെന്നതുപോലെ മരിച്ചവന്റേതെന്നതുപോലെ തിരോഭൂതം ഭൗതി അത് മറഞ്ഞിരിക്കുന്നു ഒരു ജീവന് ഒരു ജീവൻ മരിച്ച ജീവനിൽ എങ്ങനെയാണോ സംവേദനം ബോധം നമുക്ക് കാണാൻ കഴിയാത്ത അവന്റെ ബോധമണ്ഡലം മറിഞ്ഞിരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ബോധമണ്ഡലം മറഞ്ഞിരിക്കുന്നു ഇപ്പം കൊല്ലപ്പെട്ടവൻ അല്ലെങ്കിൽ മരിച്ചവൻ എങ്ങനെയാണോ അവന്റെ ബോധമണ്ഡലം മറിഞ്ഞിരിക്കുന്നത് അതുപോലെ ആത്മബോധം മറഞ്ഞിരിക്കുന്നു അജ്ഞാനിയെ എങ്ങനെയുള്ള ആത്മബോധം താൻ താൻ അമരനാണ് എന്നുള്ള ആ ബോധം അതാണ് അജര അമരത്വാദി സംവേദനം അതാണ് അജരനാണ് അമരനാണെന്നുള്ള ആ സംവേദന ബോധം മറഞ്ഞിരിക്കുന്നു തിരോഭൂതം ഭഹൂതി അത് മറഞ്ഞിരിക്കുന്നു അതും മറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രാകൃത അത് വ്യാഖ്യാനിക്കുന്നു അവിദ്വാൻസോ അവിദ്വാൻമാനാഹ അവിദ്വാൻമാരായ ജീവന്മാ ജനാഹാത്മിച്ച ജീവന്മാർ അജ്ഞാനികളായ ജീവന്മാർ ആത്മഹനാവുചേന്തി അവര് ആത്മഹന്താക്കൾ എന്ന് പറയുന്നു ആത്മഹത്യ ചെയ്യുന്നവർ എന്ന് പറയുന്നു ഇവിടെ ആത്മഹന്താക്കൾ ആത്മഹത്യ ചെയ്യുന്നവരെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് വിശദീകരിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് ആത്മസ്വരൂപവുമായി സദാ നിലകൊള്ളുന്നുവെങ്കിലും മരിച്ചവൻ എങ്ങനെയാണോ അവന്റെ ഉള്ളിൽ ബോധം പ്രകാശിക്കാത്തത് അതുപോലെ ഓരോ ജീവന്മാരും അജ്ഞാനം കൊണ്ട് തന്റെ സ്വരൂപത്തെ മറന്നിരിക്കുന്നു താൻ അജരനാണ് അമരനാണ് എന്നുള്ള വിഷയം മറന്നിരിക്കുന്നു അത് അമരൻ എന്ന് പ്രത്യേകം എന്തുകൊണ്ട് പറയുന്നു ദേവന്മാരെ സാധാരണ എന്താണ് പറയുന്നത് നിർജ്ജര അമര നിർജ്ജര ദേവ എന്നാണ് പറയുന്നത് അമരന്മാരെന്നാണ് അവരെ പറയുന്നത് അജരന്മാരെന്നാണ് ജരയില്ലാത്തവരാണ് പക്ഷെ ദേവന്മാരും അത് മറന്നിരിക്കുന്നു എന്താണ് തങ്ങളുടെ അമരന്മാരാണ് അജരന്മാരാണെന്നുള്ള കാര്യം മറന്നിരിക്കുന്നു അജരത്വവും അമരത്വമെല്ലാം വാസ്തവത്തിൽ എന്താണ് ദൈവശരീരത്തിലല്ല ദൈവ സ്വരൂപത്തിലാണ് ആത്മാവിലാണ് അത് ദേവന്മാരും കൂടി മറന്നിരിക്കുന്നു ദേവന്മാർക്ക് ആ പേരേ ഉള്ളൂ അജരന്മാരും അമരന്മാരാണ് എന്തുകൊണ്ട് അവരും വീണ്ടും ജനിക്കേണ്ടി വരുന്നു അപ്പൊ അജരസ്വരൂപമായിരിക്കുന്ന അമരസ്വരൂപമായിരിക്കുന്ന ആത്മബോധം അവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് എന്താണ് അജര അമര എന്നുള്ള ബോധം ഉണ്ടാകുന്നത് ദേവന്മാർക്ക് ആത്മബോധമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ തങ്ങൾ അജരന്മാരാണ് അമരന്മാരാണെന്നുള്ള ബോധം ദേവന്മാർക്കും ഉണ്ടാകത്തോ മനുഷ്യരെ അപേക്ഷിച്ച് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നോണ്ടാണ് നമ്മൾ ദേവന്മാർ അജരന്മാർ അമരന്മാരെന്ന് പറയുന്നത് അല്ല ആത്മബോധം ഉള്ളവരെന്നുള്ള അർത്ഥത്തിലല്ല എന്തുകൊണ്ട് അവരും സംസാരചക്രത്തിൽപ്പെട്ടിരിക്കുന്നു അവർക്ക് ജനിക്കുകയും വരികയും ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ടെന്താണ് നമ്മൾ അമരന്മാർ അജരന്മാരെന്ന് പറയുന്ന ദേവന്മാരിവിടെ അവിദ്വാൻമാരാണ് അവരും ആത്മഹന്താക്കളാണ് എന്തുകൊണ്ട് അവരുടെയും ആത്മബോധം മരിച്ചവന്റെ ശരീരത്തിൽ എങ്ങനെയാണോ യാതൊരു തരത്തിലുള്ള പ്രപഞ്ചബോധവും വെളിപ്പെടാതിരിക്കുന്നു ദേവന്മാരിലും ഈ ആത്മബോധം അജരത്വ അമരത്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു തേന ആത്മ തേനഹി ആത്മഹനന ദോഷേണ ആത്മഹത്യയാകുന്ന ദോഷം ഇവിടുത്തെ ആത്മഹത്യാന്ന് പറയുന്ന ആത്മബോധം ഉണ്ടാതിരിക്കുക ആ ദോഷം കൊണ്ട് തേ സംസരന്തി അവർ സംസരന്തി സംസരണം ചെയ്യുന്നു സൃഗതൗ എന്ന് പറയുന്ന ധാതു സംസരണം സംസരതി ശരത സരന്തി എന്ന് പറയുന്ന രൂപം ഉണ്ടാകുന്നു ഗമിച്ചുകൊണ്ടേയിരിക്കുക എന്നർത്ഥം ഇപ്പൊ സംസാരം എന്ന് പറയുന്നത് എന്താണ് പൊയ്ക്കൊണ്ടേയിരിക്കുക ജനന മരണങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതാണ് സംസാരം സംസാരം സംസാരന്തി അവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ജനന മരണങ്ങളിൽ കൂടി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു കർമ്മം ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ കർമ്മത്തെ നിഷേധിക്കുന്നു വേദത്തിൽ വിധിച്ചിരിക്കുന്ന പുണ്യകർമ്മ അശ്വമേധം പോലെയുള്ള പുണ്യഫലങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ അവർ ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് ദൈവജന്മം കിട്ടുന്നു ആ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും അവരുടെ കർമ്മവിഭാഗം അനുസരിച്ച് അതുവരെയുള്ള കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് വീണ്ടും അവർക്ക് ജന്മം കിട്ടുന്നു അത് പുണ്യപാപ ആധിക്യം അനുസരിച്ച് ഏത് ജന്മമാകാം അവ വരെയുള്ള ജന്മങ്ങൾ അവർക്ക് വീണ്ടും കിട്ടുന്നു അതുകൊണ്ട് അവരും എന്താണ് സംസാരന്തി ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇതാണ് അവിദ്വാന്റെ നിന്ദാണത് ഇവിടെ അവിദ്വാനെന്ന് പറയുന്ന ദേവന്മാരവരെ ഉൾപ്പെടുത്തി പറയുകയാണ് അസുച്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടിനും ഏകദേശം അതുപോലെ തന്നെ അപ്പൊ ഈ മന്ത്രങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒന്നാമത്തെ മന്ത്രത്തെ ഭാഷകാരൻ അങ്ങനെ അതിന്റെ ഓരോ പദങ്ങളെയും വ്യാഖ്യാനിച്ചത് ഈ മൂന്നാമത്തെ മന്ത്രാർത്ഥത്തെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ എല്ലാ വ്യാഖ്യാതാക്കളും ഈ തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് പിന്നെ അസുര്യ എന്നുള്ളതിന് ചില എന്നുള്ള ചില ശാഖകളിൽ അങ്ങനെയുള്ള പാഠഭേദമുണ്ട് ആസൂര്യ എന്ന് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അർത്ഥം ഏത് ശബ്ദം ഏതെടുത്താലും അർത്ഥം ഇത് തന്നെയാണ് അസുര്യ എന്നായാലും അസൂര്യ എന്നായാലും മൂന്നാമത്തെ മന്ത്രത്തിന്റെ വേക്ഷ മന്ത്രത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം പറയാം അസുരിയാ അസുരിയാ തേലോകാഹ ആസുരലോകങ്ങൾ ജന്മങ്ങൾ ദേവന്മാരുൾപ്പെടെ ഉള്ളവരുടെ ജന്മങ്ങൾ അജ്ഞാനമാകുന്ന ഇരട്ടിനാൽ ജന്മങ്ങൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ ജീവന്മാർ അജ്ഞാനത്താൽ ആവർണം ചെയ്യപ്പെട്ടിരിക്കുന്നു താൻ അങ്ങനെയുള്ള ജന്മങ്ങളെ തീ അവ ആ ജീവന്മാർ എങ്ങനെയുള്ളവർ ഏ ആത്മഹനോഹ ആത്മഹന ജനാഹ ആത്മഹന്താക്കളായിരിക്കുന്ന ആ ജീവന്മാർ ജനാഹിച്ച ജീവന്മാർ പ്രേത്യ മരിച്ചിട്ട് അഭികച്ചന്തി പ്രാപിക്കുന്നു അജ്ഞാനികളായ ജീവന്മാർ നാനാ ജന്മങ്ങളെ മരണശേഷം പ്രാപിക്കുന്നു എന്ന് അജ്ഞാനികളുടെ അവസ്ഥയെക്കുറിച്ചൂടെ പറയുകയാണ് മൂന്നാമത്തെ മന്ത്രം ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം യസ് ആത്മനു അടുത്ത മന്ത്രത്തിന്റെ മുഖവിരയാണ് ഹനനാഥ് അവിദ്വാൻസ സംസരന്തി തദ്വിപരീണ വിദ്വാംസോ ജനാഹമുച്യന്തി ഭാഷ്യകാരന്റെ വ്യാഖ്യാനമനുസരിച്ച് ഒന്നാമത്തെ മന്ത്രത്തിൽ ആത്മബോധത്തിനുള്ള ഉപായത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ മന്ത്രത്തിൽ അജ്ഞാനികളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു മൂന്നാമത്തേത് ഈ സംസാരചക്രത്തെക്കുറിച്ച് പറഞ്ഞു മന്ത്രത്തിൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആത്മതത്വത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് യസ് ആത്മനഹ ഹനന ഏതൊരാത്മാവിന്റെ ഹനനം ഹിംസ കൊണ്ടാണോ അവിദ്വാൻസത സംസരന്തി അവിദ്വാൻമാർ സംസരണം ചെയ്യുന്നത് ജനനമരണ ചക്രത്തിൽപ്പെട്ടിരിക്കുന്നത് തദ്വിപരീണ നേരെ മറിച്ച് വിദ്വാൻസോ ജനാഹ വിദ്വാൻമാരായ ജീവന്മാർ വിദ്വാൻമാർ മുച്ച മോചിക്കപ്പെടുന്നത് മോക്ഷത്തെ നേടുന്നത് ആത്മഹനനം കൊണ്ട് അജ്ഞാനികൾ സംസാരത്തിൽപ്പെടുന്നതും മറിച്ച് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആത്മരക്ഷ കൊണ്ട് വിദ്വാൻമാർ ോചിക്കപ്പെടുന്നതും തേ നത്മഹനഹ ആ വിദ്വാൻമാർ ആത്മഹന്താക്കളല്ല വിദ്വാൻമാർ ആത്മഹന്താക്കളല്ലാതെ മാറുന്നതും അവിദ്വാൻമാർ ആത്മഹന്താക്കളായി മാറുന്നതുമായ തത് ആത്മതത്വം കീദൃശം തത് കീദൃശം ആത്മതത്വം തദ്ത്മതത്വം ആ ആത്മതത്വം കീദൃശം എപ്രകാരമുള്ളതാണ് എങ്ങനെയുള്ളതാണ് ഇത്യുച്ചതേ എന്നുള്ള കാര്യം അടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ആത്മതത്വത്തെക്കുറിച്ചാണ് അടുത്ത് വിശദീകരിക്കുന്നത് ആത്മാവ് എന്ന് പറയുന്ന എന്താണ് അതിന്റെ സ്വരൂപത്തെ പറയാം കാരണം ആത്മാവ് എന്ന് തത്വത്തിന്റെ വെളിച്ചത്തിലാണ് രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്തത് പറഞ്ഞു ദ്വാ വിമൗ അധ പന്ധാന രണ്ട് മാർഗ്ഗങ്ങളൊന്ന് പ്രവൃത്തി മാർഗം മറ്റൊന്ന് നിവൃത്തി മാർഗം ഗൃഹസ്ഥന്റേത് പ്രവൃത്തി മാർഗം സന്യാസിയുടെ നിവൃത്തി മാർഗം ഈ രണ്ട് മാർഗങ്ങളിവിടെ ചർച്ച ചെയ്യും വാജ്ഞനായിരിക്കുന്ന സന്യാസത്തിന് അശക്തനായിരിക്കുന്ന ഗ്രഹസ്ഥന്റെ പ്രവൃത്തിയും കർമ്മത്തെ ത്യജിച്ച സന്യാസിയുടെ നിവൃത്തി ഇതിനുള്ള ആധാരമായിരിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളാണ് ഈ രണ്ടിനും ആധാരമായിരിക്കുന്ന ആത്മതത്വമാണ് ആത്മതത്വത്തെയാണ് അടുത്ത് അടുത്ത മന്ത്രത്തിൽ വിശദീകരിക്കുന്നതെന്നാണ് നാലാമത്തെ മന്ത്രം അനേജ് ഏകം मनसो तेवा मनो जवीयो नैन्यवापिनमन पूर्वर्षत तनियातिषत अपो मातजिश्वा दधा एकम मनस जवीय പൂം അർഷത് തനിയൻ അത്യേ തിഷത്ത അങ്ങനെയാണ് എന്റെ പദം പിരിച്ചു മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒന്ന് വായിക്കാം അനേജേകം മനസ്സോ ജവീയോ പൂർവമർഷ് ോ അന്യാൻ അത്യേതി തസ്മോമാതിരി ഞാനോരോ പദങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നു ഇതെല്ലാം ആത്മാവിനെ വിശേഷിപ്പിക്കുകയാണ് അനേജത്ത് നാണ് അനേജത്ത് എന്താണ് എന്റെ അർത്ഥം അതിന്റെ ധാതു മുതൽ വിശദീകരിക്കുകയാണ് ഏജ്രി കമ്പനം ചെയ്യുക ചലിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ധാതു കൊണ്ട് അധാതുമാണ് ഏജ് എന്ന് പറയുന്നത് കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ് ചലനം സ്വ അവസ്ഥ പ്രച്തി സ്വ അവസ്ഥയിൽ മാറ്റം സ്ലനം അതാണ് ചലനം എന്ന് പറയുന്നത് സ്വാസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിക്കുക തദ്വർജിതം അതില്ലാത്തത് ഏത് ചലനമില്ലാത്തത് സ്വസ്ഥയിൽ നിന്നൊരിക്കലും മാറ്റമില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് സർവതാ ഏകരൂപം സർവതാ സദാകാലവും ഏകരൂപം ഒരേ രൂപത്തിൽ സ്ഥിതി ഇത്യർത്ഥം അതാണ് അതിന്റെ അർത്ഥം അപ്പൊ അനേജൽ എന്ന് പദത്തെ വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞിരിക്കുകയാണ് സദാ സമയവും ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നത് അതാണ് ആത്മാവ് അനേജത്ത് അടുത്ത് വരുന്ന പല അതാണ് ഏകം അതടുത്ത് വ്യാഖ്യാനിക്കുന്നു തച്ച ഏകം ച തദ് അത് ഏകവുമാണ് ഇവിടെ സർവഭൂതേഷു ഭൂതങ്ങൾ എന്ന് വെച്ച പ്രാണികൾ സർവ്വപ്രാണികളിലും അത് ഏകമാണ് ഏകത്തിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ആത്മാവ് സർവപ്രാണികളിലും ഏകമാണ് അനേജത് ഏകം അപ്പൊ അതാണ് അദ്വൈതം എന്ന് പറയുന്നത് ആത്മാവ് ഏകമാണ് ഇവിടെയും പറയുന്നത് വ്യക്തമായിട്ട് അനേജത് ഏകം അത് ഏകമാണ് കാരണം ആത്മാവ് അനേകമാണ് ഓരോ പ്രാണികളിലും വേറെ വേറെയാണ് എന്ന് പറയുന്നതാണ് ദ്വൈതം അല്ല ഇവിടെ ശ്രുതി പറയുന്നത് എന്താണ് ആത്മാവേകമാണ് വേഗമാണെന്ന് പറയുമ്പോൾ എല്ലാ പ്രാണികളിലും അതൊന്നു തന്നെ അതാണ് അദ്വൈതം അതിവിടെ പറയുന്നു അതിവേകം സർവഭൂതേഷു ഭൂതം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് ഇവിടെ പ്രാണികൾ എന്നർത്ഥം സർവപ്രാണികളിലും അതേകമാണ് മനസ്സോ ജവീയ അതിനെ വ്യാഖ്യാനിക്കുകയാണ് മനസ്സ സങ്കൽപ്പാദി ലക്ഷണ സങ്കൽപ്പാദി സങ്കല്പം വികൽപ്പം തുടങ്ങിയ ലക്ഷണം രൂപം സങ്കല്പ വികല്പരൂപത്തോടുകൂടിയിരിക്കുന്ന മനസ്സ് മനസ്സിനെ വിശദീകരിക്കുകയാണ് സങ്കല്പാദി ലക്ഷണം സ്വരൂപത്തോട് രൂപത്തോടുകൂടിയതാണ് മനസ്സ് അതിനെക്കാൾ ജവീയഹ ജീയമാണ് ജവീയം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുകയാണ് ജവവോത്തരം ജപം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് ഇ എസ് എന്ന് പറയുന്നൊരു പ്രത്യേകം വന്നാണ് ജവീയസ് എന്നൊരു ശബ്ദമുണ്ടാകും അതിൻ്റെ ആ വ്യാകരണ ഭാഗങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വ്യാഖ്യാനിച്ചത് ജവവോത്തരം ജപം എന്ന് വേഗം ജപം വേഗം ജവവത്തരം വളരെ വേഗമുള്ളത് മനസ്സിനേക്കാൾ വളരെ വേഗം അത് കൂടിയത് എന്നർത്ഥം അതാണ് ആത്മാവ് അതിനി വിശദീകരിക്കി മനസ്സിനേക്കാൾ ഇതിന്റെ വേഗത കൂടിയിരിക്കുന്നു ആത്മാവിനെന്ന് പറയുന്ന എന്താണെന്ന് വിശദീകരിക്കും അതുകൊണ്ട് നമ്മളിപ്പവിടെ പറയേണ്ട കാര്യമില്ല മനസ്സിനേക്കാൾ അത് വേഗതയുള്ളതാണ് ഇവിടെ ഒരു സംശയം വരുന്നു കഥം വിരുദ്ധം ഉച്ചതേ ധ്രുവം നിശ്ചലം ഇതം മനസ്സോ ജവീയോ ഇതിജ പറയുന്നു നിങ്ങൾ വിരുദ്ധമായി എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ ശ്രുതി എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ എങ്ങനെ ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു പരസ്പര വിരുദ്ധമായിട്ട് എങ്ങനെ നേരത്തെ പറഞ്ഞു എന്താണ് അനേജ ചലനമില്ലാത്തതാണ് എന്നുവെച്ചാൽ ധ്രുവം വ്യാഖ്യാനിക്കുന്നു നിശ്ചലം ഇതം ഈ ആത്മതത്വം നിശ്ചലമാണെന്ന് പറഞ്ഞു ധ്രുവമാണെന്ന് പറഞ്ഞു അനേജതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം പറയുന്നത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണെന്ന് എന്ന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതിന് വിപരീതമായ അർത്ഥം വരും അനേജതെന്ന് വെച്ചാൽ ചലിക്കാത്തതാണ് വേഗതയുള്ളതാണെന്ന് പറയുമ്പോൾ ചലിക്കുന്നതാണെന്ന് വരും അപ്പൊ ചലിക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് വേഗതയുള്ളതാണെന്ന് വരുമ്പോൾ ചലിക്കുന്നു എന്നർത്ഥം വരും അതാണ് പരസ്പര വിരുദ്ധമായ അർത്ഥം ധ്രുവം നിശ്ചലമിതം എന്ന് നേരത്തെ പറഞ്ഞു മനസ്സോ ജവീയ ഇരിച്ച എന്നും പറയുന്നു മനസ്സിനേക്കാൾ വേഗതയുള്ളതാണെന്നും ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണെന്ന് ചലിക്കാത്തതാണ് ചലിക്കുന്നതാണെന്ന് പറയുന്നു സമാനം പറയുന്നതിന് നെയ്ശദോഷ അങ്ങനെ പറയുന്നതിൽ ദോഷമൊന്നുമില്ല നെയ്ശദോഷ നോഷ എന്നാണ് ഈ പറഞ്ഞ കാര്യം ദോഷമുള്ളതല്ല എന്നാണ് എന്തുകൊണ്ട് നിരുപാധി ഉപാധിമത്വേന ഉപപത്തേഹി നിരുപാധികത്വം ഉപാധിമത്വം എന്നുള്ള ഈ രണ്ടവസ്ഥകളിലൂടെ ഉപപത്തേഹേ ഇതിന് ഉപപത്തി ഉള്ളതിനാൽ ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തി ഈ പറയുന്ന കാര്യത്തിന് യുക്തിയുണ്ട് ഒരേ വസ്തുവിനെ തന്നെ ചലിക്കാത്തതും ചലിക്കുന്നതും പറയാം എങ്ങനെ ഉപാധി നിരുപാധി എന്നുള്ള രണ്ടവസ്ഥകൾ ഒരു വസ്തു തന്നെ ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിനെ ചലിക്കുന്നതെന്നും ഉപാധി ഇല്ലാതിരിക്കുമ്പോൾ ചലിക്കാത്തതെന്നും പറയാം അതാണ് നിരുപാധി ഉപാധിമത്വേന നിരുപാധികത്വേന ഉപാധിമത്വേന ഉപേഹി ഉപപത്തി എന്ന് പറയുന്ന യുക്തിയാണ് ഇതിയുക്തിയുക്തമാണ് അത് എന്നെ വിശദീകരിക്കുന്നു നിരുപാധി ഉപാധിമത്വേന എന്നുള്ള ഭാഷ്യഭാഗത്തെ സ്വയം വിശദീകരിക്കുകയാണ് തത്ര നിരുപാധികേന സ്വേന രൂപേണ ഉച്ച നിരുപാധികമായ രൂപം നിരുപാധികേന തത്ര എന്ന് പറഞ്ഞാൽ തയോ ഈ പറഞ്ഞ രണ്ടു പക്ഷങ്ങളിൽ എന്നർത്ഥം തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുപക്ഷം പറഞ്ഞു ഒന്ന് നിരുപാധികത്വം ഒന്ന് സ്വാഭാധികത്വം അതിൽ നിരുപാധികേന ഉപാധിരഹിതമായ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിശദീകരണം നടത്തു പറയുന്നത് സേനരൂപേണ ആത്മാവിന്റെ സ്വരൂപം ആത്മാവിന്റെ ആ സ്വരൂപത്തെ കണക്കിലെടുത്തുകൊണ്ട് ഉച്ചതെ പറയപ്പെടുന്നു എന്ത് അനേജത് ഇത് ചലിക്കാത്തതാണ് അത് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ് നിരുപാധികമായ ആത്മതത്വത്തെക്കുറിച്ച് പറയുകയാണ് അനേജത്ത് ഏകം ഇതിനേജ് ഏകം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സോപാധികമായി ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ചലിക്കുന്നതെന്നും പറയാം ദോഷമൊന്നുമില്ല അത് അനേകമാണെന്നും പറയാം അങ്ങനെ പറയുന്നതിന് ദോഷമില്ല എന്നാണ് ഇവിടെ സോപാധികമായി ആത്മാവിനെ ചലിക്കുന്നതെന്ന് പറഞ്ഞു അതെന്താണ് സ്വാഭാവികമായി ആത്മാവ് ചലിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുകയാണ് മനസഹ അന്ധക്കരണസ്യ മനസ്സാന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് അന്ധക്കരണസ്യ സങ്കല്പ വികൽപ്പ ലക്ഷണസ്യ സങ്കല്പവികൽപ രൂപത്തിലുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സങ്കല്പിക്കുക വികല്പം എന്ന് പറഞ്ഞാലോ സംശയം അതിനാണ് വികൽപ്പു പറയുന്നത് അപ്പൊ മനസ്സിന്റെ രണ്ട് വൃത്തികളാണ് പ്രവൃത്തികളാണ് ഒന്ന് സങ്കല്പിക്കുക മറ്റൊന്ന് വികൽപ്പിക്കുക സംശയിക്കുക ഇതാണ് മനസ്സിന്റെ സ്വരൂ മനസ്സേതെങ്കിലും അതാരാ എന്ന് വരുമ്പോൾ മനസ്സ് സങ്കല്പാവസ്ഥയിലേക്ക് വരുന്നു അതിന്നാരാണ് അല്ല എന്ന് മനസ്സിന്റെ ഒരു ചോദ്യം വരുമ്പോൾ അത് വികല്പമാണ് അതിന്നാരാണ് അത് രാമനാണെന്ന് അത് സങ്കല്പമായി ആരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംശയം വരുകയാണ് അത് രാമനാണോ കൃഷ്ണനാണോ അപ്പൊ മനസ്സ് വികല്പാവസ്ഥയിലാണ് എന്നിട്ട് നമ്മൾ നിശ്ചയിക്കുന്നു ഇത് രാമൻ എന്ന് പറയുമ്പോൾ അത് സങ്കല്പരൂപത്തിലായിരുന്നു ഇങ്ങനെ നിരന്തരം മനസ്സ് ഈ രണ്ട് പ്രക്രിയകളിലൂടെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സങ്കല്പവികല്പരൂപത്തിൽ അതാണെന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കല്പവികൽപ്പ ലക്ഷണസ്യ സങ്കല്പവികല്പരൂപത്തിലുള്ള മനസ്സ് മനസ്സാകുന്ന ഉപാധേയെ അനുവർത്തന മനസ്സാകുന്ന ഉപാധിയെ അനുവർത്തിക്കുന്നു ആ ഉപാധിയെ അനുവർത്തനം ചെയ്യുന്നു തുടർന്ന് വർത്തിക്കുന്നു ർത്തനം ചെയ്യുക എന്ന് വെച്ചാൽ തുടർന്ന് വർത്തിക്കുക തുടർന്ന് പ്രവർത്തിക്കുക ഉപാധിയെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ത് ഈ ആത്മാവ് സങ്കല്പവികല്പ രൂപത്തിലുള്ള ആ മനസ്സാകുന്ന ഉപാധിയെ തുടർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് ആ മനസ്സ് അല്ലെങ്കിൽ ആ ആത്മാവ് താതാത്മ്യപ്പെടുന്നു ആ ബോധം അന്ധകരണത്തോട് താതാത്മ്യപ്പെട്ടിട്ട് അന്ധകർണ വൃത്തികളിലൂടെ അത് പ്രകാശിക്കുന്നു ബോധം ബോധം അന്ധകരണത്തോട് താതാമ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകർണ വൃത്തികളിലൂടെ ആ ബോധം സ്ഫുരിക്കുക പ്രകടമാകുന്നു അതാണ് ആത്മാവ് അന്ധകരണത്തെ അനുവർത്തിക്കുക എന്ന് പറയുന്നത് ശുദ്ധമായിരിക്കുന്ന പ്രകാശം അത് സൂര്യനിലൂടെ പ്രകടമാകുന്നു ബൾബിലൂടെ പ്രകടമാകുന്നു നിലവിളക്കിലൂടെ പ്രകടമാകുന്നു വരകിലൂടെ പ്രകടമാകുന്നു പല ഉപാധികളിലൂടെ ഒരേ പ്രകാശം തന്നെ പ്രകടമാകുന്നു ഓരോ ഉപാധികളിലൂടെ പ്രകടമാകുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂടിനും പ്രകാശത്തിനും എന്നു വെച്ചാൽ അതിൻ്റെ നിറത്തിന് അതിൻ്റെ തീവ്രതയ്ക്ക് എല്ലാ ഏറ്റവും കുറച്ചുള്ള വരുന്നു അതുപോലെ ആത്മാവാകുന്ന ബോധം അറിവ് ചിത്ത് അത് ഈ അന്ധകരണമാകുന്ന ഉപാധിയിലൂടെ പ്രകടമാകുമ്പോൾ സ്ഫുരിക്കുമ്പോൾ നമ്മൾ പറയുന്നെന്താണ് അത് അന്ധകർണത്തെ അനുവർത്തനം ചെയ്യുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടത് സംഭവിക്കുന്നു അതിനെയാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ വിശദമായി പറഞ്ഞ അധ്യാസം താതാമ്യം സ്വാധാനവാഷി പറഞ്ഞു ആത്മാവൻ അങ്ങനെ ഒരു താതാത്മ്യം അന്ധകർണത്തോട് സംഭവിക്കുന്നു അങ്ങനെ അത് അന്ധകരണത്തെ അനുവർത്തിക്കുന്നത് കൊണ്ട് അതിലൂടെ സ്ഫുരിക്കുന്നത് കൊണ്ട് എന്തുവരുന്നു ഇഹ അതിന് വിശദീകരിക്കുന്നു ദേഹസ്ഥ മനസ്സോ ബ്രഹ്മലോകാദി ദൂരഗമനം സങ്കൽപേണക്ഷണമാത്രാദ്വതി നമ്മുടെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് ഇഹദേഹസ്ഥ മനസ്സ് ഈ ഇഹ എന്നാൽ ഈ ശരീരത്ത് ഈ ശരീരത്തിൽ ഓരോ ജീവന്മാരുടെയും ശരീരത്തിലിരിക്കുന്ന ദേഹസ്ഥം എന്നുവെച്ചാൽ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേഹസ്ഥം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന മനസ്സഹ മനസ്സെന്ത് ചെയ്യുന്നു മനസ്സിന് ബ്രഹ്മലോകാധിഗമനം ബ്രഹ്മലോകം വരെ അതെത്തിച്ചേരുന്നു ബ്രഹ്മലോകത്തെക്കുറിച്ച് നമ്മൾ പുരാണത്തിൽ നിന്ന് വായിച്ചു കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ക്ഷണം കൊണ്ട് ആ ലോകത്തിലെത്തിച്ചേരും എങ്ങനെ സങ്കൽപ്പേന സങ്കല്പരൂപത്തിൽ മനസ്സവിടെ എത്തിച്ചേരും സ്വർഗത്തിനും നരകത്തിനും ബ്രഹ്മലോകത്തിനുമെല്ലാം അതിന്റെ വർണ്ണന അനുസരിച്ച് മനസ്സെത്തിച്ചേരുന്നു അതിനാൽ ക്ഷണമാത്ര ക്ഷണം ശ്രവണക്ഷണത്തിൽ മനസ്സവിടെ എത്തിച്ചേരുന്നു അതാണ് മനസ്സിന്റെ പ്രത്യേകത നമ്മുടെ വർണ്ണന അനുസരിച്ച് മനസ്സവിടെത്തിച്ചേരുന്നു അങ്ങനെയുള്ള ബ്രഹ്മലോകഗമനം ക്ഷണമാത്രാ ഭൗതി മനസ്സിൽ അതുകൊണ്ടെന്ത് വരുന്നു ഇത്യത അക്കാരണത്താൽ മനസ്സ ജവിഷ്ഠത്വം ജവ ജവത്തരഹ അല്ലെങ്കിൽ ജവീയ ജവിഷ്ഠ താരതമ്യേന ഏറ്റവും കൂടിയതിനാണെന്ന് പറയുന്നത് ജവിഷ്ഠ സമർത്ഥ സമർത്ഥതരഹ എന്ന് പറയുന്നത് സമർത്ഥൻ സമർത്ഥതരൻ കുറച്ചുകൂടെ കൂടിയതെന്നാണ് പിന്നെ ഒരു ആതിസമർത്ഥന ഭഗവാൻ ബല ബലവാൻ ബലവത്തര ബരിഷ്ഠ എന്ന് പറയുന്നത് ബലവാൻ ബലവത്തരൻ കുറച്ചുകൂടെ ബലവളാണ് ബരിഷ്ഠൻ അങ്ങേയറ്റം ബലവളം അതുപോലെ തന്നെ ഇവിടെ ജബിഷ്ഠൻ മനസ്സെന്ന് പറയുന്നത് ജബിഷ്ഠമാണ് അങ്ങേയറ്റം വേഗതയുള്ളതാണ് ജപമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു വേഗം അങ്ങേയറ്റം വേഗതയുള്ളതാണ് ഇത് ലോകേ പ്രസിദ്ധം ഇത് ലോകരിൽ ഈ ലോകത്ത് പ്രതിഷ്ഠമാണ് എന്നുവെച്ചാൽ ജീവന്മാരിൽ ഇക്കാര്യം പ്രതിഷ്ഠമാണ് ലോകം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ജീവന്മാരെന്നുള്ള അർത്ഥം കൊടുത്താണ് വേദാന്തത്തിൽ കാരണം ലോകമെന്ന് വെച്ചാൽ ജന്മം ജന്മം എന്ന് പറഞ്ഞാൽ ജീവന്മാരാണ് ജീവന്മാർക്കാണ് ജന്മം ഉള്ളത് ജീവന്മാരുടെ ഇടയിൽ ഇക്കാര്യം പ്രസിദ്ധമാണ് എന്താണ് മനസ്സ് വളരെയധികം വേഗതയുള്ളതാണ് സങ്കല്പം കൊണ്ട് ക്ഷണം കൊണ്ട് സങ്കല്പത്തിലൂടെ അതിന് ബ്രഹ്മലോകം വരെ എത്തിച്ചേരാൻ കഴിയും ഇവിടെ പറയുന്ന എന്താണ് മനസ്സോ ജവീഹ ഏറ്റവും വേഗതയുള്ളതാണ് മനസ്സ് അതിനേക്കാൾ വേഗതയുള്ളതാണ് ആത്മാവെന്നാണ് അതങ്ങനെ അത് വിശദീകരിക്കുന്നു തസ്മിൻ മനസ്സ് ബ്രഹ്മലോകാദിയും ദ്രുതം ഗതി തസ്മിൻ മനസ്സ് ഗച്ഛതി സതി ആ മനസ്സ് എത്തിച്ചേരുമ്പോൾ എവിടെ ബ്രഹ്മലോകത്തിൽ മനസ്സി ഗതി സതി മനസ്സെത്തിച്ചേരുമ്പോൾ ഈ ഗച്ഛതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ക്രിയാരൂപം അല്ലേ ഇത് ഗച്ഛതി ഗച്ഛൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സപ്തമിയാണ് അതിന്റെ വിശേഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സി തസ്മിൻ എന്ന് പറയുന്നത് അല്പം ഭാഷാപര്യം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിന്റെ സതി സപ്തമി എന്ന് പറയും ഗച്ഛതി സതി പോകേ എന്ന് മലയാളത്തിലർത്ഥം പറയും ഗച്ഛതി ഗച്ഛഹ ഗതി എന്ന് ക്രിയാരൂപമുണ്ട് ഇത് നാമരൂപമാണ് സപ്തമി എന്ന് അങ്ങനെ വരും തസ്മിൻ മനസ്സിൽ ഗച്ചതി സതി ആ മനസ്സ് എത്തിച്ചേരുമ്പോൾ എവിടെ ബ്രഹ്മലോകാദീൻ ബ്രഹ്മലോകം തുടങ്ങിയ സ്ഥലങ്ങളിൽ എങ്ങനെ ദുരിതം വളരെ വേഗത്തിൽ ബ്രഹ്മലോകം തുടങ്ങിയ സ്ഥലങ്ങളിൽ മനസ്സ് വളരെ വേഗത്തിൽ എത്തിച്ചേരുമ്പോ എന്ത് സംഭവിക്കുന്നു പ്രഥമം പ്രാപ്തൈവ മുമ്പേ എത്തിച്ചേർന്നതുപോലെ എന്നാണ് ആരും ആത്മാവ് ആത്മചൈതന്യ അവഭാസോ ആത്മചൈതന്യ അവഭാസം ആത്മചൈതന്യസ്ഫുരണം ഗ്രഹ്യത ഗ്രഹിക്കപ്പെടുന്നു ബ്രഹ്മലോകത്തിലും ആത്മചൈതന്യ സ്ഫുരണം നേരത്തെയുണ്ട് മനസ്സിവിടെ നിന്ന് വേഗത്തിൽ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അവിടെ ആത്മതത്വം നിലനിൽക്കുന്നു അതുകൊണ്ട് ആത്മസ്ഫുരണം അവിടെയുണ്ട് അതാണ് ഇത് മനസ്സിനേക്കാൾ വേഗത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നു കാരണം ആത്മതത്വ സ്ഫുരണം ഉണ്ടെങ്കിൽ മനസ്സിനും പ്രവർത്തിക്കാൻ കഴിയുന്നു മനസ്സിന്റെ അസ്തിത്വം തന്നെ ആത്മസ്ഫുരണത്തിലൂടെയാണ് വെളിപ്പെടുന്നത് എവിടെയാണോ ആത്മചൈതന്യത്തിന്റെ പ്രസരണമുള്ളത് അവിടെ മാത്രമേ മനസ്സിന്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമുള്ളൂ ഇതാണ് എന്റെ മനസ്സ് എന്ന് പറയാൻ കഴിയുന്നത് മനസ് വേഗത്തിൽ എവിടെ എത്തിച്ചേർന്നാലും അതിനു മുമ്പ് ആ മനസ്സിനെ സ്വീകരിക്കാനായിട്ട് ആത്മബോധം അവിടെ വ്യാപിച്ചിരിക്കുന്നു ആത്മചൈതന്യം ആത്മസ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യം അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് തസ്മിൻ മനസ്സി ബ്രഹ്മലോകാദീനാൻ ബ്രഹ്മലോകാധീൻ ദുരിതം വെച്ചത് ശരി ആ മനസ്സ് ബ്രഹ്മലോകം തുടങ്ങിയ എത്ര ദൂരത്തിലുള്ള ലോകമായാലും ശരി അവിടെ അതിവേഗത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രഥമം പ്രാപ്തയ്യുക അതിനു മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്ന രീതിയിൽ ആത്മചൈതന്യ അവഭാസോ ആത്മചൈതന്യസ്ഫുരണം ഗൃഹ്യതെ ഗ്രഹിക്കപ്പെടുന്നു എന്നുവെച്ചാൽ അവിടെ പ്രകാശിക്കുന്നു അതഹ അക്കാരണത്താൽ മനസ്സോ ജവീയ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് ആത്മാവ് ഇത്യാഹ എന്ന് പറയുന്നു എന്ന് ഇവിടെ ഋഷി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മന്ത്രം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആത്മാവ് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആത്മാവിന്റെ സഹായത്തോടു കൂടിയാണ് ഈ മനസ്സ് സഞ്ചരിക്കുന്നത് ആത്മാവാകുന്ന ആധാരത്തിലാണ് മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും മനസ്സ് എത്തിച്ചേരണമെങ്കിൽ അവിടെ ആത്മാവ് നിലനിൽക്കണം ആത്മാവ് മനസ്സിലൂടെ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ആത്മാവേ എത്തിയിരിക്കുന്നു എന്നറിയുന്നത് അതുകൊണ്ട് ആത്മാവ് ചലിക്കുന്നു ആത്മാവ് ചലിക്കുന്നില്ല ആത്മാവേഗത്തിൽ ചലിക്കുന്നു ഇത്തരം ഉള്ള എല്ലാ നമ്മുടെ ശബ്ദപ്രയോഗങ്ങളും ബോധവും എല്ലാം ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ആത്മാവ് മനസ്സെത്തുന്ന സ്ഥലത്ത് അതിനു മുമ്പ് തന്നെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് സർവവ്യാപിയാണ് എന്ന് ചുരുക്കം ആ സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് അതിനെ ആശ്രയിച്ചാണ് ഈ മനസ്സിന്റെ ചലനങ്ങളെല്ലാം അതുകൊണ്ടാണ് മന്ത്രം പറഞ്ഞത് മനസ്സോ ജവീയഹ ഈ ആത്മാവ് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് എന്ന് പറഞ്ഞത് മനസ്സിനെ ആശ്രയിച്ചല്ല അസ്തിത്വം നിലനിൽക്കുന്നത് മറിച്ച് ആ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ് മനസ്സ് നിലനിൽക്കുന്നതും അതിന്റെ സ്ഫുരണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതാണ് അതാണ് മനസ്സോ ജവീയഹ അനേക ഏകം മനസ്സോ ജവീയ മനസ്സോ ജവീയ എന്നുള്ളതിന്റെ സാമാന്യർത്ഥം പറഞ്ഞാൽ അത് മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് എന്നാണ് അത് വിശദീകരിച്ചു അപ്പൊ അത് ചലിക്കേണ്ട ആവശ്യമില്ല സർവവ്യാപിയായിരിക്കുന്ന ആ വസ്തു മനസ്സ് എവിടെ എത്തിച്ചേരുന്നോ അവിടെയല്ല അത് വ്യാപിച്ചിരിക്കുന്നു എന്ന് അതിനൂടെ അർത്ഥമാണ് അടുത്തു പറയുന്നത് എന്താണ് ആപ്നവൻ പൂർവം അർഷ നൈനേവ ആ പദമാണ് ഇവിടെ അതിനെ പ്രതീകം എന്ന് പറയും അതിനെ വ്യാഖ്യാനിക്കുകയാണ് ദേവാഹ എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ് ദ്യോതനാദ് ദ്യുതദീപ്ത എന്ന് പറയുന്ന ധാതുവിൻ്റെ രൂപമാണ് പ്രകാശിക്കുന്നതുകൊണ്ട് ദേവാഹ ദേവന്മാരെന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആര് ചക്ഷുരാധീൻ ചക്ഷുരാധീന്ദ്രിയങ്ങളെയാണ് നേരത്തെ ദേവന്മാരെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളെയല്ല ആ ദേവവർഗത്തെ തന്നെ പറഞ്ഞത് അമരന്മാരെയാണ് നേരത്തെ ദേവശബ്ദം കൊണ്ട് പറഞ്ഞത് പക്ഷെ ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് അമരന്മാരല്ല ഇന്ദ്രിയങ്ങളാണ് ചക്ഷുരാദി ഇനി ഇന്ദ്രിയണി അതാണ് ഇവിടെ ദേവന്മാർ ഇന്ദ്രിയങ്ങളെ എന്തുകൊണ്ട് ദേവന്മാരെന്ന് പറയുന്നു അത് ോദിപ്പിക്കുന്നുണ്ട് പ്രകാശിപ്പിക്കുന്നുണ്ട് വിഷയങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കും ഇന്ദ്രിയ ജീവന് വിഷയങ്ങളെ കുറിച്ചുള്ള ബോധം പകർന്നുകൊടുക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് കണ്ണ് കാണിച്ചു കൊടുക്കുന്നു ചെവി കേൾപ്പിച്ചു കൊടുക്കുന്നു മൂക്ക് മണപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ദേവാഹ ചക്ഷുരാധീനി ഇന്ദ്രിയാണി ഏത് പ്രകൃതം ആത്മതത്വം നാപ്നുവന്താപ്യവൻ പറയും ഏതൃതമാത്മതത്വം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതം ഈ സന്ദർഭത്തിലുള്ള ആത്മതത്വം ആത്മതത്വത്തെ തത്വം എന്നു പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കാൻ എന്താണ് തത്വം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ആരെങ്കിലും പറഞ്ഞാണ് തത്വം നമ്മളെപ്പോഴും തത്വം പറയാറുണ്ടല്ലോ നമ്മൾ ഈശാവാസി വംശത്തിന്റെ ചർച്ച തുടങ്ങുമ്പോഴും പറഞ്ഞു തത്വം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് അത് തത്വം എന്താണ് എല്ലാവരും അധോ മുഖന്മാരായിരിക്കുന്നു എന്റെ നേരെ ആരും നോക്കുന്നില്ല എന്താണ് സ്വരൂപം അങ്ങനെ ഒരു അർത്ഥമുണ്ട് കുറച്ചുകൂടി വ്യക്തമായ ഒരു അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തുടങ്ങുന്ന സമയത്ത് സ്വരൂപം എന്ന് പറയുന്ന അർത്ഥം ശരി തന്നെയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഒന്നുകൂടെ ഓർത്തുകൊള്ളുക തസ്യഭാവ തത്വം ാവം അതിന്റെ സ്വരൂപം അത് ശരിയായ അർത്ഥം തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ആത്മതത്വം ആത്മയാഥാർത്ഥ്യം ഭാഷ്യകാരം തന്നെ അങ്ങനെ അർത്ഥം പറയും ആത്മയാഥാർത്ഥ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതിന്റെ യഥാഭാവം അതെങ്ങനെയാണോ അങ്ങനെ അതാണ് അതിന്റെ സ്വരൂപം എന്ന് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ആത്മസ്വരൂപം ആത്മതത്വം എന്ന ആത്മലവൻ പ്രാപിക്കുന്നില്ല എന്നുവെച്ചാൽ ന പ്രാപ്തവന്ത ദേവന്മാർ ഈ ആത്മസ്വരൂപത്തെ പ്രാപിക്കുന്നില്ല ആര് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആത്മതത്വത്തെ വിശീകരിക്കാൻ കഴിയുന്നില്ല ഇന്ദ്രിയങ്ങൾക്ക് ഈ ആത്മതത്വത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല തേഭ്യോ മനോജവീയ ആ ഇന്ദ്രിയങ്ങളെക്കാൾ അവ മനസ്സ് ജവീയനാണ് വേഗത കൂടിയവനാണ് ഇന്ദ്രിയങ്ങളെക്കാൾ വേഗത്തിൽ മനസ്സ് സഞ്ചരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് ഈ ആത്മതത്വത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല ആത്മതത്വത്തെ വിശീകരിക്കാൻ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല മനസ്സ് എന്തുകൊണ്ട് ഇതിനേക്കാൾ വേഗത കൂടിയത് മനോവ്യാപാര വ്യവഹിതത്വ മനോവ്യാപാരം വ്യാപാരം എന്നാൽ കച്ചവടം എന്നല്ല പ്രവൃത്തി എന്നർത്ഥം മനസ്സിന്റെ വ്യാപാരം പ്രവൃത്തി മനോവ്യാപാര വ്യവഹിതത്വ മനോസിന്റെ പ്രവൃത്തിയാൽ ഇത് വ്യവഹിതമാണ് വിവഹിതമെന്ന് പറഞ്ഞാൽ സാധാരണം മറിഞ്ഞിരിക്കുക എന്നർത്ഥം സാധാരണ ഇത് നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന വിപഹീതമായിരിക്കുക എന്ന് പറഞ്ഞാൽ സാറിന് പറയുന്ന മറിഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മനോവ്യാപാരപൂർവകം എന്നുള്ള അർത്ഥത്തിലാണ് മനോവ്യാപാരത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി മനസ്സിൻ്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കാൾ വേഗതയോടാണ് മനസ്സ് നടത്തുന്നത് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് പ്രവർത്തിക്കണം ഇപ്പോൾ മനോവ്യാ വ്യാപാര വിവഹിതം എന്ന് വെച്ചാൽ മനസ്സിന്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒന്നുകൂടെ വരുന്നു നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ പ്രവൃത്തിയെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടി വരുന്നു അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആഭാസ മാത്രമവി ആത്മനോ ാം വിഷയീഭവതി അതുകൊണ്ട് ആഭാസമാത്രം ഒരു ലേശം പോയി അതായത് ആഭാസം എന്ന് പറയുന്നത് ാണ് പറയുന്നത് ഒരു വസ്തു അതുപോലെ ഇരിക്കുകയും അതല്ലാതായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് ആഭാസം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയണം ആ വസ്തു അതുപോലെ ഇരിക്കുന്നുവെന്നാൽ അതല്ല അങ്ങനെയുള്ള അർത്ഥത്തിനുള്ള ആഭാസ ശബ്ദം പ്രയോഗിക്കുന്നു മലയാളത്തിൽ പറയുന്ന രീതിയിലല്ല ഇപ്പൊ ഗുണാഭാസം എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ അതിന് അതൊരു ഗുണം പോലെ നമുക്ക് തോന്നുന്നു എന്ന ഗുണമല്ല ഇപ്പൊ ഗുണാഭാസം എന്ന് പറയുന്നു അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ഒരു ഭ്രമരൂപത്തിൽ പോലും ലേശം പോലും കാൽപ്പനികമായിട്ടെങ്കിലും എന്നൊക്കെ പറയാം സങ്കൽപ്പരൂപത്തിൽ പോലും ആത്മനഹ നൈവദേവാനാം വിഷയിഭൂരി ഈ ആത്മാവ് വരിക്കതും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല തന്നെ ലേശം പോലെ ഇത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല അല്ലെങ്കിൽ ആത്മാവിന്റെ ലേശം പോലും ഭാഗം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നു ആത്മാവിന്റെ ഏതെങ്കിലും ഒരു അംശം പോവും ആത്മാവ് നിരംശമാണ് നമ്മളതിനൊരംശം കൽപ്പിച്ചാൽ പോലും ഇത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഒന്നല്ല എന്നാണ് അതാണ് പറഞ്ഞത് നൈന ദേവാഹ ആപ്നവൻ ഇതിനെ ദേവന്മാരിന്ദ്രിയങ്ങൾ പ്രാപിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ലേശം പോലും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല ഇന്ദ്രിയങ്ങൾക്ക് ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല എന്നാ ഒരു തരത്തിലും ഇന്ദ്രിയങ്ങളിതിനെ വിഷയമാക്കുന്നില്ല എന്നാണ് എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മന്ത്രത്തിൽ വരുന്ന എന്താണ് പൂർവം അർഷദ് പൂർവം അർഷദ് അത് വ്യാഖ്യാനിക്കുകയാണ് യസ്മാദ് ജവനാദ് മനസ്സോപി ജപനാ മനസ്സോപി മനസ്സിനേഗതയുള്ളത് കൊണ്ട് ഈ ആത്മാവ് പൂർവം പൂർവം അർഷത് പൂർവമേവ ഗതം അർഷത് എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ഗതം ഋഷഗതൗ എന്ന് പറയുന്ന ഒരു ധാഗമുണ്ട് അതിന്റെ രൂപമാണ് അർഷദ് മുമ്പ് തന്നെ ഇത് ുന്നു പ്രാപിച്ചിരിക്കുന്നു മനസ്സിനേക്കാൾ മുമ്പ് തന്നെ ഇത് സർവത്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സർവവ്യാപകമാണ് ഇതിനെ ആശ്രയിച്ച് മനസ്സവിടേക്ക് എത്തിച്ചേരുന്നതേയോ മനസ്സെവിടെ ചെന്നാലും ഇതവിടെ കാണുവാർ ആത്മാവ് അത് തന്നെ വിശദീകരിക്കുന്നു വ്യോമവത് വ്യാപിത്വാ സർവവ്യാപിതാത്മതത്വം സർവ സംസാര ധർമ്മവർജിതം സ്വേന നിരുപാധികേന രൂപേണ അവിക്രിയം ഏവസത് ഉപാധിതർ സംസാര വിക്യാ അനുഭവത്തിവേകി മൂഢാ പ്രതിഹം പ്രത്യവഭാസത്തെ പൂർവം അർഷദം പറയുന്നതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് വ്യോമവത് വ്യാപിത് ആകാശത്തെ വ്യോമവത് ആകാശത്തെ പോലെ വ്യാപിത്വ തിരി വ്യാപിയാണ് വ്യാപിച്ചിരിക്കുന്നതാണ് സർവത്ര ബ്രഹ്മലോകത്തിനും എല്ലായിടത്തും ഇത് വ്യാപിച്ചിരിക്കുന്നു അത് തന്നെ വിശദീകരിക്കേണ്ടിടത്ത് സർവവ്യാപി ഈ ആത്മതത്വം സർവവ്യാപിയാണ് സർവവ്യാപി തത് ആത്മതത്വം ആത്മതത്വം സർവവ്യാപിയാണ് അത് തന്നെ വിശദീകരിക്കുന്നു സർവസംസാര ധർമ്മ വർജിതം സർവ സർവ ഒരു സംസാരധർമ്മങ്ങളും ഇതിലില്ല സർവസംസാരധർമ്മ വർജിതമാണിത് ഒന്നുകൂടി വിശദമാകുന്നു ത്യേന സ്വേന നിരുപാധികേന രൂപേണ സ്വയം നിരുപാധികമായ രൂപത്തിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഒരു ഉപാധി ഗുണമില്ലാതെ നിരുപാധികേന സ്വരൂപേണ അവിക്രിയം ഏവ നേരത്തെ പറഞ്ഞ അനേജ ചലനമില്ലാതെ തന്നെ വികാരങ്ങളില്ലാതെ തന്നെ അവിക്രിയമേവസാരങ്ങളില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു ഉപാധികൃത സർവാഹ സംസാര വിക്രിയാ അനുഭവതി യാതൊരുപാധിയും ഇല്ലാത്ത ഈ ആത്മാവ് ഉപാധികൃത ഉപാധി കൊണ്ടുണ്ടാക്കപ്പെടുന്നവയായ സർവാഹ സംസാര വിക്രിയാ സർവ സംസാര വികാരങ്ങളും അനുഭവതി അനുഭവിക്കുന്നു എന്നാണ് ഈ ആത്മാവ് നിരൂപാധികമായി സ്ഥിതി തന്നെ എല്ലാ സംസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സംസാരവിക്രിയാഹ അനുഭവതി സംസാര വികാരങ്ങൾ അനുഭവിക്കുന്നു സംസാര വികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ജനനം ജീവിതം മരണം അതിൽ അന്തർഭവിച്ചിരിക്കുന്ന സർവകാര്യങ്ങൾ അതാണ് സംസാര വിക്രിയം അതാരനുഭവിക്കുന്നു ഈ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവ് നിരുപാധികമായ ആത്മാവ് ഇതെല്ലാം എന്തുകൊണ്ട് അനുഭവിക്കുന്നു വാസ്തവത്തിൽ ഉപാധി ഇല്ലെങ്കിലും ഉപാധി കൊണ്ടുള്ള ഇതെല്ലാം അനുഭവിക്കുന്നു ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിരുദ്ധമായി തോന്നുന്ന കാര്യങ്ങളുണ്ടെന്നും എന്താണ് ആത്മാവിൽ വാസ്തവത്തിൽ ഉപാധിയില്ല എന്നിട്ട് പറയുന്നു ഉപാധി കൊണ്ടുള്ള സംസാര വിക്രിയകളെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നു പരമാർത്ഥത്തിൽ ഉപാധി ഇല്ലാതിരിക്കെ ഉപാധി കൊണ്ടുള്ള ഈ വികാരങ്ങളെല്ലാം ആത്മാവ് അനുഭവിക്കുന്നു എന്ത് വികാരങ്ങൾ സംസാര വികാരങ്ങൾ എന്താണ് ആ സംസാര വികാരങ്ങൾ ജനിക്കുക ജീവിക്കുക മരിക്കുക ബന്ധം മോക്ഷം തുടങ്ങിയ സർവ്വം അപ്പൊ ഇതിനൊരു വൈരുദ്ധ്യം വരുന്നുണ്ടല്ലോ അതിനാണ് അടുത്ത് പറയുന്നത് ഇതി അവിവേകിനാം മൂഢാനാം അവിവേകികളായ വർക്ക് എന്നുവെച്ചാൽ മൂഢന്മാരെ സംബന്ധിച്ച് ഇവിടുത്തെ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞ ഈശാവാസ്യം ഇതം സർവം എന്നുള്ള ബോധം ഇല്ലാത്തവരെയാണ് ഇവിടെ മൂഢന്മാരെന്ന് പറയുന്നത് അവിവേകികളെന്ന് പറയുന്നത് പഠിക്കാൻ സാമർഥ്യം ഇല്ലാത്തവരെയാണ് അങ്ങനെയുള്ള അവിവേകികളെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എല്ലാ സംസാരവികാരങ്ങളും ഈ ആത്മാവ് അനുഭവിക്കുന്നുണ്ട് അവർക്കെങ്ങനെ തോന്നുന്നു അനേകം യുവജ ഇത് പലതന്നതുപോലെയും പ്രതിദേഹം ഓരോ ദേഹത്തിലും ദേഹം ദേഹം പ്രതി പ്രതിദേഹം ഓരോ ദേഹത്തിലും ഓരോ ജീവന്മാർക്കും ഓരോ ദേഹത്തിലും പ്രതി പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു അതാണ് പ്രത്യവഭാസത ഓരോ ജീവന്മാരെയും പ്രത്യക്ഷമാണത് ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിന്റെ സംസാരവും പറയുന്നു ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു തനിക്ക് ബന്ധമുണ്ട് താൻ മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു മോക്ഷം നേടുന്നു ഇതെല്ലാം എന്താണ് പ്രത്യവഭാസത പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു ആർക്ക് മൂഢാനാണ് മൂഢന്മാർക്ക് കവിവയികൾക്ക് ഇതെന്താണ് സംസാര വിക്രിയകളാണ് സംസാര വികാരങ്ങളാണ് ഇതെല്ലാം അനുഭവപ്പെടുമ്പോഴും ചെയ്യുന്നു ആത്മാവ് ബന്ധത്തിനോ മോക്ഷത്തിലോ പെട്ടിട്ടില്ല ആത്മാവ് എന്ത് ചെയ്യുന്നു നിരുപാധികമായ സ്വരൂപത്തെ തന്നെ സ്ഥിതി ചെയ്യുന്നു നിരുപാധികമായ സ്വരൂപത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ഇത് ജീവന്മാർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അനേകമായി തോന്നുന്നു നിത്യമുക്തമായിരിക്കുന്നത് ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു തോന്നുന്നു ജനന മരണങ്ങളില്ലാത്തത് ജനന മരണങ്ങൾക്ക് അധീനമാണെന്ന് തോന്നുന്നു ഇത്യേതാഹ ഇക്കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആത്മാവ് നിരുപാധികമായി സം സർവസംസാര ധർമ്മ വർജിതമാണ് എപ്പോൾ നാം ജനിക്കുന്നു മരിക്കുന്നു എന്ന് കരുതുമ്പോഴും അതങ്ങനെയാണ് പക്ഷെ നിരുപാധികമായിരിക്കുന്ന ഇത് തന്നെ സ്വാഭാധികമായി ഈ സുഖതുക്കങ്ങളെല്ലാം അനുഭവിക്കുന്നു ഇതെന്തുകൊണ്ട് ഇതിന് സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് വേറെ രീതിയിൽ പറഞ്ഞ അജ്ഞാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിരുപാധികമായിരിക്കുന്ന ഒന്ന് സ്വാഭാവികമായി സംഭവിക്കുന്നു എന്ന് പറയുമ്പം ഒരു വൈരുദ്ധ്യമില്ല നിരുപാധികമായിരിക്കുന്ന ഒന്നിൽ സ്വാഭാവികമായി ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് ഉണ്ടെന്നും പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണ് വൈരുദ്ധ്യമില്ല എന്നാണ് എന്തുകൊണ്ട് നിരുപാധികമായിരിക്കുന്നു എന്ന് പറയുന്ന സത്യവും സ്വാഭാവികമായി ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അസത്യവുമാണ് സ്വാഭാവികമായി ഇരിക്കുന്നു എന്ന് പറയുന്നത് പരമാർത്ഥമാണ് ഇതെല്ലാം സ്വാഭാവികമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നതും പരമാർത്ഥമാണെങ്കിലേ വൈരുദ്ധ്യം വരത്തുള്ളൂ രണ്ട് പരമാർത്ഥങ്ങൾ വിരുദ്ധമായിരുന്നു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യമുണ്ട് ഞാൻ പറയുന്നത് ഞാൻ സത്യസന്ധനാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് വരുന്നു വൈരുദ്ധ്യം വരുന്നു രണ്ട് പരമാർത്ഥങ്ങൾ സത്യസന്ധനായിരിക്കുക കള്ളനായിരിക്കുക ഈ രണ്ട് പരമാർത്ഥങ്ങൾ ഒരു വ്യക്തിയിൽ സമുച്ചയിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് രണ്ടും പരമാർത്ഥമാണ് അതിൽ ഏതെങ്കിലും ഒന്നിനെ അസത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് വിരോധം വരുന്നില്ല ഒരു വ്യക്തിയിൽ നമുക്ക് രണ്ട് സത്യങ്ങളെ വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ട് സത്യങ്ങളെ നമുക്ക് സമുച്ചയിക്കാൻ പറ്റില്ല ആത്മാവിൽ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളൊന്നും സ്വാഭാവികത്വം നിരുപാധികത്വം അപ്പൊ ഇതിനെ രണ്ടിനെയും സത്യമായി അംഗീകരിച്ചുകൊണ്ട് സമുച്ചയിക്കുമ്പോഴാണ് ദോഷം വരുന്നത് യുക്തിഭംഗം വരുന്നത് അതിന് ആചാര്യസ്വാമിയോട് പറയുന്ന സമാധാനം എന്താണ് ഇതിൽ ഒന്ന് സത്യം പരമാർത്ഥം അത് നിരുപാധികത്വം എന്ന് പറയുന്നത് ആത്മാവ് സംസാരധർമ്മിയല്ല സംസാരിയല്ല എന്ന് പറയുന്നത് അതിന്റെ നിരുപാധികമായ അതവസ്ഥ സത്യം വേറെ എന്ന് പറയുന്നുണ്ടല്ലോ അതിന് ജനന മരണങ്ങളുണ്ട് അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായി ജനന മരണങ്ങളുണ്ട് ബന്ധമുണ്ട് മോക്ഷം ഉണ്ടെന്നൊക്കെ പറയുന്ന ഇത് സത്യമല്ല പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാത്ത ഒരു കാര്യം അതിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ വിരോധം വരുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അദ്വൈത തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്ന എല്ലാ വിരോധങ്ങളും ഈ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംശയങ്ങളെല്ലാം അവിടെ അവസാനിക്കും ഏത് കാര്യം എടുക്കാനും അന്നാമിൽ പരമാർത്ഥത്തിൽ കർമ്മമില്ല പിന്നെ കർമ്മങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ല ഒരു ഭാഗത്തു കൊണ്ട് അപ്പം ഇത് രണ്ടു കൂടെ എങ്ങനെ യോജിക്കും ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം അസത്യമായി കർമ്മം ഉണ്ടെന്ന് പറയുന്നു സത്യമായി പാരമാർത്ഥികമായി ഇല്ല എന്ന് പറയുന്നു അപ്പം ഇല്ല എന്ന് പറയുന്നതെല്ലാം പാരമാർത്ഥികം അതിന് വിരുദ്ധമായി എന്തെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ടോ അതെല്ലാം കാൽപ്പനികം അതിന് ശങ്കരാചാര് ഉപയോഗിക്കുന്ന വേറൊരു പദമാണ് ഭ്രമം എന്ന് പറയുന്നതാണ് ഭ്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതൊരു തലകറക്കമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ ശബ്ദം ഞാൻ ഉപയോഗിക്കാറ് ഭ്രമിച്ചു പോയെന്നു വച്ചാൽ തലകറക്കം വന്നി തല ചുറ്റർ തലകറക്കം എന്നാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രതീതമാകുന്ന ഒരർത്ഥം അതുകൊണ്ട് അത് പറയാതെ ഞാൻ അസത്യം എന്ന് പറഞ്ഞു അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ആത്മാവിൽ സംഭവിക്കാം ഇത് സ്വരൂപേണ അവിക്രിയമാണ് പക്ഷെ വികാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കർമ്മത്തെ സംബന്ധിച്ചും കർമ്മത്യാഗത്തെ സംബന്ധിച്ചും എല്ലാം ഇതാണ് ആത്മാവും നിഷ്ക്രിയമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ആത്മാവും നിഷ്ക്രിയമാണ് നിങ്ങൾ പറയുന്ന നിർത്തി എന്ന വിക്രിയകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ വികാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആത്മാവും നിഷ്ക്രിയം എന്ന് പറയാൻ പറ്റും ആത്മാവിൽ കർമ്മമില്ല എന്ന് പറയുന്നു ഇപ്പൊ നിങ്ങൾ പറയുന്നതന്നെ ഒരു കർമ്മമല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇതെല്ലാം ഭാഷകാരൻ പറയുന്ന സമാധാനം എന്താണ് ഞാൻ എന്നിൽ കർമ്മമില്ല എന്ന് പറയുന്നത് സത്യം അപ്പൊ ഈ കർമ്മമില്ല എന്ന് പറയുന്ന ഒരു പ്രവൃത്തി എന്ന് നടക്കുന്നുണ്ടല്ലോ ഇതാ സത്യം ഈ രണ്ടു മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കത്തിനിടയിൽ അതുകൊണ്ട് ഒരേ സമയം രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സത്യമായിരിക്കുന്ന എനിൽ അസത്യമായിരിക്കുന്ന വ്യവഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ സത്യത്തിൽ അസത്യവ്യവഹാരം സംഭവിക്കുന്നത് കൊണ്ട് സത്യവും അസത്യവും തമ്മിൽ വൈരുദ്ധ്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതാണ് ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കിത്തരുന്നത് കാനൽ ജലം മരുഭൂമിയിൽ കാണുന്ന ജലം ഒരിക്കലും മരുഭൂമിയെ നനയ്ക്കുന്നില്ല ആകാശത്തിലെ മാലിന്യം ഒരിക്കലും ആകാശത്തിനെ മലിനപ്പെടുത്തുന്നില്ല രജ്ജുവിലെ സർപ്പം ഒരിക്കലും കടിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ പാരമാർത്ഥിക തലവും വ്യാവഹാരികം അല്ലെങ്കിൽ പ്രാതിഭാസിക തലവും തമ്മിൽ നമുക്ക് അനുഭവപ്പെടുന്ന വൈരുദ്ധ്യത്തെ വളരെ യുക്തിയുക്തമായ രീതിയിൽ ശാസ്ത്രീയമായ ഭാഷയിൽ ഭാഷകാരൻ തന്നെ പരിഹരിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ തത്വയാഥാർത്ഥ്യവും വ്യവഹാര മണ്ഡലം അല്ലെങ്കിൽ കർമ്മമണ്ഡലവും തമ്മിൽ അദ്വൈത സിദ്ധാന്തത്തിൽ യാതൊരു തരത്തിലുള്ള വൈഷമ്യവുമില്ല ബാലന്മാർക്ക് അവിവേകികൾക്ക് എന്തെങ്കിലും വൈഷമ്യമുണ്ടെന്ന് പോകുന്നു യാതൊരുതരത്തിലുള്ള പ്രഹേളികകളുമില്ല യാതൊരു തരത്തിലും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഈ അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നിടത്തില്ല അത് മനസ്സിലാകാത്ത ഭാവത്ത് വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതെങ്ങനെ ശരിയാകും ഒരു പൊരുത്തക്കേട് ഇതിന്റെ തത്വം യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരും മനസ്സിലാതുണ്ടാവും ഇതിന്റെ നിരുപാധിക സ്വാഭാവിക ഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഈ തത്വഗ്രഹണമെന്ന് പറയുന്നത് വളരെ അനായാസമാണ് യാതൊരു വൈഷമ്യമൊക്കെ അറിയിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ യുക്തിയെ ന്ധിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് യുക്തിയുക്തമായി മനസ്സിലാക്കുന്നതിന് യാതൊരു വൈഷമ്യയുടെ ഉണ്ടാകുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് എന്താണ് മൂഢാനാം അവിവേകനാം ആത്മതത്വത്തിൽ എന്തെങ്കിലും വൈദഗ്ധ്യം എന്തെങ്കിലും പ്രഹേളികകൾ ഇതിന്റെ ഗ്രഹണത്തിനും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ തത്വത്തിന്റെ തെളിച്ചത്തിന്റെ കുറവല്ല നമ്മുടെ ബുദ്ധിയുടെ മൂഢത മാത്രമാണ് അതാണ് ഇവിടെ ഭാഷ്യകാരൻ ആവർത്തിച്ചു വരുന്നത് മൂടാനാം ഏകമീവജം പ്രതിദേഹം പ്രത്യാപഭാസദേഹ അനേകം ആ കാര്യമാണ് ഇവിടെ പറയുന്ന അതുകൊണ്ട് ആത്മതത്വം കൂടെ ഭാഷ്യകാരൻ വിശദീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് സുഗ്രഹമാണ് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇതിനകത്തില്ല ഈ മന്ത്രത്തിന്റെ വിശദീകരണം ഭാഷ്യം കൂടെ പൂർണ്ണമായിട്ടില്ല വരുന്ന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും പൂർണമായ <laughs> പൂർണ്ണമേവാശിഷ്യതി